ക്യംന്ന് പറഞ്ഞ ധർമ്മത്തിന് നമ്മുടെ വിധിവാക്യം ബ്രഹ്മത്തെ സംബന്ധിച്ചത് കേവല ഉപദേശം വിധിയാ വിധിയെന്ന് പറയുമ്പോൾ മനുഷ്യനെ പ്രവർത്തിപ്പിച്ചിട്ട് ബോധിപ്പിക്കും ഉപദേശം എന്ന് പറയുമ്പോ ബോധിപ്പിക്കുന്നു പ്രവർത്തിപ്പിക്കുന്നു ഇതാണ് വ്യത്യാസം പുരുഷം അവബോധം പുരുഷനെ ബോധിപ്പിക്കുന്നേയുള്ളൂ പ്രവർത്തയന്തി അവബോധി പ്രവർത്തിപ്പിച്ചുകൊണ്ട് ബോധിപ്പിക്കുന്നില്ല സ്വർഗസ് എന്ന് ഇഷ്ടസാധനതാജ്ഞാനത്തെ ഉണ്ടാക്കുന്നു എനിക്കിഷ്ടമായ സ്വർഗത്തിന്റെ സാധനമാണ് യാഗം അപ്പൊ ആ ഇഷ്ടസാധനതാ ജ്ഞാനത്തെ ഉണ്ടാക്കിയിട്ട് വാക്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു വാക്യം ബോധത്തെ ഉണ്ടാക്കുന്നു ബോധം ഇഷ്ടത്തെ ഉണ്ടാക്കുന്നു എന്നിട്ട് പ്രവർത്തിപ്പിക്കുന്നു അതാണ് ധർമ്മത്തെ സംബന്ധിച്ച് യാഗാദികളെ സംബന്ധിച്ച് ബ്രഹ്മത്തെ സംബന്ധിച്ചാണെങ്കിലോ വാക്യം സത്യം ഞാനോ അനന്തം ബ്രഹ്മ ബ്രഹ്മബോധത്തെ ഉണ്ടാക്കുന്നു പ്രവൃത്തിരഹിതാജന്യത്വം അവബോധം എന്ന് പറയുന്നത് എന്താണ് പ്രവൃത്തിരഹിതമാണ് ഉപദേശജന്യമാണ് ഉപദേശത്തിൽ നിന്ന് ബോധമുണ്ടാകും അതിന് ഉദാഹരണമാണ് പറഞ്ഞത് യഥാക്ഷേണ അർത്ഥാവബോധം ർത്ഥവും അക്ഷവും ഇന്ദ്രിയവും വിഷയവുമായിട്ടുള്ള സന്നീകർഷം കൊണ്ട് സംബന്ധം കൊണ്ട് എങ്ങനെയാണോ അർത്ഥബോധമുണ്ടാവും അതുപോലെ ཟletter ཛྷེ ལྲས� ཛྷྦྲྱ�ཁར སྲན གྱབས�སྲད ནླྀ�ăm ཛོད དོར ཁེ ཏད ེགུ ལ�ར ཨེགར མང ག ཏཆཱ དོཔ� ཆེོར ཏ ེབསྲ� ദവ്യ ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാശ്രതവ്യാണ് ദർശിക്കോ ശ്രോതവ്യ ശ്രവിക്കോ വിധികളാണ് പ്രത്യാന്തങ്ങള് വിധിയെ അനുബോധിപ്പിക്കുന്നു അപ്പൊ ആ വാക്യങ്ങൾക്കെല്ലാം വിധി എന്നൊരർത്ഥുകൊണ്ട് ബോധമുണ്ട് ദർശിക്കൂ ആത്മബോധത്തെ പറയുന്നു ഒരേ വാക്യത്തിൽ തന്നെ രണ്ടർത്ഥമുണ്ട് അങ്ങനെ ഏകവാക്യതെന്ന് പറയുന്നു ഒരു വാക്യത്തിൽ രണ്ടർത്ഥവും വരുന്നു വിധിയും വരുന്നു ബോധവും വരുന്നു അപ്പോ വിധി വരുമ്പോ അവിടെ പ്രവൃത്തി വരുന്നു വിധിക്കും ചെയ്യാൻ പറയുള്ളു ദർശിക്കൂ ദർശനം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി അവിടെ നിർദ്ദേശിക്കുകയാണ് അപ്പോ ബ്രഹ്മചോദനയിലും പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ഞാനും ഉണ്ട് ആ സത്യം ഞാനും അനന്തപരം അവിടെയൊന്നുമില്ല അവിടെ കേവലം ബോധം മാത്രമേ ഉള്ളൂ ഉദ്ദേശിച്ചു പക്ഷെ ആത്മാവരെ ദ്രഷ്ടവ്യാന്ന് പറയുന്ന ഇതു നാലാമത്തെ സൂത്രത്തിന്റെ ഭാഷ ഭാഷകാലം ചർച്ച ചെയ്യും ഭാവതികാരനും ഭാഷകാരനും തമ്മിൽ വ്യത്യാസം ഭാഷകാരന്റെ നിലപാടല്ല ഭാവതികാര സ്വീകരിച്ചിരുന്നു നനു ആത്മാവ്യത് വിധിപരേ ഹി വേദാന്ത വിധിപരമായ വിധിയാണ് അതിന്റെ താല്പര്യം പരവാനിച്ച ഈ വേദാന്തം എന്ന് വെച്ചാൽ ഉപനിഷത്തവാക്കി അതിന്റെ താല്പര്യം എന്താണ് വിധിയാണ് ഏകവാക്യതയാ അവബോധി അവിടെ ഏകവാക്യമായിട്ട് ബോധവും വരുന്നുണ്ട് ഒരു ആവാക്യത്തിന്റെ അർത്ഥമായിട്ട് മറ്റൊരർത്ഥത്തോട് ചേർന്ന് വരുന്നോണ്ടാണ് ഏകവാക്യത വിധിയും ബോധവും രണ്ടും വരുന്നുണ്ട് പ്രവർത്തിപ്പിക്കുന്ന ധർമ്മചോദനയെ പോലെ എന്നർത്ഥം ധർമ്മചോദനയിലാണ് ബോധം ഉണ്ടാക്ക പ്രവർത്തിപ്പിച്ച് ബോധം ഉണ്ടാക്കുന്ന അതുപോലെ ഇവിടെയും പ്രവർത്തിപ്പിച്ച് ബോധമുണ്ടാക്കുകയാണ് പുരുഷോ ബ്രഹ്മ അവബോധനെ പുരുഷനെ പുരുഷോ ബ്രഹ്മ അവബോധ്യത പ്രവർത്തിപ്പിച്ചുകൊണ്ട് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു എന്താണ് പ്രവൃത്തി ദർശനം തുടങ്ങിയ പ്രവൃത്തി ശ്രവണം തുടങ്ങിയ പ്രവർത്തി അങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് പുരുഷനെ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു ഇത് സമാനത്വം ഇങ്ങനെ നോക്കുമ്പോ എന്താണ് ും തുല്യത കൊണ്ട് രണ്ടടത്തും പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നു ഭാഷകാരം പറഞ്ഞ എന്താണ് അർത്ഥ അവബോധി അർത്ഥജ്ഞാനം ഉണ്ടാകുന്നിടത്ത് എങ്ങനെയാണോ അക്ഷവും അർത്ഥവുമായിട്ട് സന്നീകർഷണം ഉണ്ടാകുന്നതുപോലെ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നതിരത്ത് വാക്യവും ശ്രവണേന്ദ്രിയവുമായിട്ട് സന്നീകർഷമുണ്ടാകുന്നു ഇത്രയുള്ള ബ്രഹ്മബോധമുണ്ടാകും ഭാഷകാരനോടെ പറഞ്ഞത് അത് ചോദനാജന്യമാണ് ഉപദേശ ഇതാണ് ഭാഷകാരന്റെ മുഖ്യമായൊരു സിദ്ധാന്തം അവിടെ ഭാഷകാരൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്താണ് ബ്രഹ്മബോധം എന്ന് പറയുന്നത് ബ്രഹ്മചോദനാത് പുരുഷവും ആ പുരുഷം അവബോധിത്തേവ ബ്രഹ്മചോദന ബ്രഹ്മോപദേശം പുരുഷനെ ബോധിപ്പിക്കുന്നേ ഉള്ളു മറ്റൊന്നും ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല പൂർവക്ഷം പറഞ്ഞത് എങ്ങനെയാണോ ധർമ്മചോദന പ്രവർത്തിപ്പിച്ച് ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് ബ്രഹ്മ ഉപദേശവും പ്രവർത്തിപ്പിച്ച് ബോധിപ്പിക്കുകയാണ് എന്ത് പ്രവർത്തിക്കുന്നു ചെയ്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു ഇത്യ ഇത് പൂർവക്ഷമാണ് പുരുഷോ അവബോധേനയിച്ചതേ ഭാഷകാലം പറഞ്ഞിരിക്കുകയാണ് പുരുഷനെ ബോധത്തിൽ പ്രവർത്തിപ്പിക്കുന്നില്ല ബോധിപ്പിക്കുന്ന മാത്രമേയുള്ളൂ എന്തെങ്കിലും പ്രവർത്തിപ്പിച്ച് ബോധിപ്പിക്കുന്നില്ല ഇവിടെ നിയോഗമില്ല വിധിയില്ല പ്രവർത്തിക്കാൻ വിധിക്കുന്നുണ്ട് അയം അഭിസന്ധി ഇവിടെ ഭാഗതീകാരൻ ലൈൻ മാറി ചിന്തിക്കുന്നു ഭാഷ്യകാരന്റെ ലൈനല്ല ചിന്തിക്കുന്നു ാലം പറയുന്നത് ഭാഷ്യക്കാരന്റെ അഭിപ്രായത്തിൽ മാറാൻ വേണ്ടിട്ട് പറയുകയാണ് എന്നാ താത് ബ്രഹ്മ സാക്ഷാത്കാരെ പുരുഷോ നിയോക്താക്ഷത് പുരുഷനെ പ്രവർത്തിപ്പിക്കേണ്ട കാര്യമില്ല സിദ്ധാന്തം പറയാണ് ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ മനുഷ്യനെ പ്രവർത്തിപ്പിക്കേണ്ട കാര്യം എന്തുകൊണ്ട് തസ്യ ബ്രഹ്മസ്വാഭാവ്യന നിത്യത്വ അകാര്യത്വം ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ് അത് ബ്രഹ്മസ്വഭാവമാണ് വെച്ചാ ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് അതുകൊണ്ട് എന്താണ് അത് നിത്യമാണ് അകാര്യല്ല അക്കാര്യമല്ല അത് അകാര്യമാണ് ്രഹ്മസാക്ഷ പറയുന്നത് ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ബ്രഹ്മസ്വരൂപമാണ് പിന്നെ എന്താണ് അത് നിത്യമാണ് പിന്നെ അത് കാര്യമല്ല ആ കാര്യ ഇത് ഭാവധികാരം പറയുന്നത് ഭാവധികാരം തന്നെ മുമ്പ് പറഞ്ഞതിന് വിരുദ്ധമായ കാര്യമാണ് മനസിലായ മാമതികാരന അഭിപ്രായത്തിന് വിരുദ്ധമാണ് പറയുന്നത് താൻ തന്നെ പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുക ഇവിടെ എന്താ പറഞ്ഞത് ഇത് ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ് കാര്യമല്ല എന്നുവെച്ചാൽ ജനിക്കുന്നത് എന്താണ് എന്നാ അയമനുഭവോ ബ്രഹ്മസ്വഭാവോ ഈ ബ്രഹ്മസാക്ഷാത്കാര അനുഭവം ബ്രഹ്മസ്വഭാവം അല്ല ഇപ്പൊ എന്താ പറഞ്ഞത്യവും നിത്യമാണ് കാര്യം അനുഭവം ഇപ്പൊ ഇവിടെ നേരത്തെ എന്ന് പറഞ്ഞു ഇത് ഈ അനുഭവം എന്ന് പറയുന്ന ബ്രഹ്മസ്വഭാവം ഏനന്ന ജന്യത് അങ്ങനെ ആയിരുന്നെങ്കിൽ അത് ജനിക്കാതിരുന്നെ എന്ന് വെച്ചാൽ ജനിക്കും ബ്രഹ്മത്തിന്റെ സ്വരൂപമാണെങ്കിൽ അത് ജനിക്കാൻ പറ്റത്തില്ല ഇവിടെ പറയുന്ന എന്താണ് ബ്രഹ്മസ്വരൂപമായിരുന്നെങ്കിൽ ജനിക്കാതിരുന്നെ ആപീത്തു പിന്നെന്താണ് നേരത്തെ പറഞ്ഞാണ് അന്ധകർണസ്യോ ബ്രഹ്മവിഷയ ബ്രഹ്മസ്വരൂപല്ല ഇത് അന്ധകരണത്തിന്റെ ഒരു വൃത്തിഭേദം വൃത്തിയാണ് അത് ബ്രഹ്മത്തെ വിഷയമാക്കുന്നതാണ് ഇത് സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുന്നതാണ് അതിനൊന്നു പറയുന്നുണ്ട് നജേഷ സാക്ഷാത്കാരോസൈതം അഭിത്തുപ്രത്യക്ഷസ്യാക്ഷാത്കാരം എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ ഫലമല്ല ശബ്ദം കൊണ്ടുണ്ടാവുന്നതല്ല മറിച്ചത് പ്രത്യക്ഷമാണ് പ്രത്യക്ഷത്തിന്റെ തസീവ തദ് പ്രത്യക്ഷമായ ഒന്നിൽ നിന്ന് മാത്രമേ പ്രത്യക്ഷമായ സാക്ഷാത്കാരം ഉണ്ടാകത്തുള്ളൂ ഇതൊക്കെ നേരത്തെ പറഞ്ഞാണ് മനസ്സാണ് മനസ്സുകൊണ്ടാണ് സാക്ഷാത്കാരം ഉണ്ടാകുന്ന തദ്ദേശ കുടജീജാദവി വടാങ്കരോത്പത്തി കുടജത്തിൽ നിന്ന് വടം ഉണ്ടാകത്തില്ല കുടജബീത തേങ്ങയിൽ നിന്ന് മാവുണ്ടാക്കത്തില്ല എന്ന് പറയും പോലെയാണ് അപ്പൊ ശബ്ദ പ്രമാണത്തിൽ ശബ്ദജന്യമായി സാക്ഷാത്കാരം ഉണ്ടാകത്തില്ല പിന്നെങ്ങനെ ഉണ്ടാകുന്നു തസ്മ നിർവിചികിത്സ വാക്യാർത്ഥ ഭാവനാ പരിപാകസഹിതം അന്ധക്കരണം ത്വം പദാർത്ഥ പരോക്ഷാദി ആകാരന തത് പദാർത്ഥത അനുഭാവയതി അത് വേണം വാക്യാർത്ഥം ഞാൻ ഉണ്ടാവണം അതിന്റെ പരിഭാ അതിന്റെ ഭാവന എന്ന് പറഞ്ഞാൽ അതിന്റെ നിത്യാസം അതുകൊണ്ട് പരിഭാഗം ആ നിത്യാസത്തിന്റെ പരിഭാഗം സഹിതമായ അന്ധക്കരണം തൊൺ പദാർത്ഥ അവരോക്ഷമായിരുന്ന ത്വംപദാർത്ഥം ജീവാത്മാവിനെ തത്ത് ഉപാധി ആകാര നിഷേധേന അതിന്റെ ശരീര ഇന്ദ്രിയ ഉപാധികളെ നിഷേധിച്ചുകൊണ്ട് തത് പദാർത്ഥത അനുഭാവയത തത് ഇത് യുക്തം നജായം അനുഭവം ഈ അനുഭവം എന്ന് പറയുന്നത് എന്താണ് അത് ബ്രഹ്മത്തിന്റെ സ്വരൂപം അല്ല അങ്ങനെയാണെങ്കിൽ ജനിക്കാതിരുന്നത് മറിച്ചരണത്തിന്റെ വൃത്തിഭേദമാണ് ബ്രഹ്മവിഷയ എന്നാണ് അത് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇപ്പൊ പറയുന്നത് എന്ത് അതിന് സാക്ഷാത്കാരത്തെക്കുറിച്ച് പറഞ്ഞു സാക്ഷാത്കാരോഹിസാക്ഷാത് പ്രത്യക്ഷമാണ് സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ അത് നശിക്കത്തുള്ളൂ അത് പരോക്ഷ ഉപാസീന പരോക്ഷം ഞാനുകൊണ്ട് നശിക്കത്തില്ല ബാക്കി ജന്യമായ പരോക്ഷമാണ് അതുകൊണ്ട് എന്താണ് സവാസനം നിപാർസം ഉന്മൂലയേ സംശയാഭ്യാസ സാമാന്യ മാത്ര ദർശനാഭ്യാസോ വാ അപ്പൊ തത്വനിശ്ചയം അല്ലെങ്കിൽ അതിന്റെ അഭ്യാസമാണ് ഭ്രാന്തി ഇല്ലാതാക്കുന്നത് സംശയത്തെ അഭ്യസിച്ചാൽ ഭ്രാന്തി നിശ്ചയിക്കത്തില്ല അതുകൊണ്ട് പരോക്ഷമായ ഭ്രാന്തി പരോക്ഷമായ ഞാനും കൊണ്ടേ നശിക്കത്തുള്ളൂ ദിഗ്മൂലോ അവരോക്ഷ ഉപാസിഷു അവരോക്ഷൗഭാസി തത്വപ്പറത്തേരുവർത്ത ദർശനം എല്ലാം ഭ്രാന്തി എല്ലാം പ്രത്യക്ഷമായി അനുഭവിക്കുന്നു പ്രത്യക്ഷമായ ജ്ഞാനം കൊണ്ടാണ് അതൊക്കെ അതുകൊണ്ട് തൊമ്പതാർത്ഥത്തിന് സാക്ഷാത്കാരേഷ്യ പത്തൊമ്പതാർത്ഥ ജീവാത്മാവിനെ പരമാത്മാവെന്ന് സാക്ഷാത്കരിക്കും എന്നാണ് ആ സാക്ഷാത്കാരമെന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ സ്വഭാവമല്ല അങ്ങനെയാണെങ്കിൽ ജനിക്കത്തില്ല കാരണം ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം നിത്യമാണ് നിത്യമായി ഒന്നെങ്ങനെ ജനിക്കും അപ്പൊ സാക്ഷാത്കാരം ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്ന നിത്യമാണത് ഉണ്ടാകുന്നതല്ല പക്ഷെ ഇവിടെ നീതിഹാസനം കൊണ്ടുണ്ടാകുന്ന ഇവിടെ പറഞ്ഞത് ആ മാത്ര ഇവിടെ വ്യക്തമായി പറഞ്ഞു സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ് അന്ധകരണ സീത വൃത്തി ഭേദ അന്ധകരണത്തിന്റെ ഒരു വൃത്തിയാണത് വൃത്തിയെന്ന് പറയുമ്പോ നശിക്കുന്നതുമാണ് ബ്രഹ്മണനോ അപരാധീന പ്രകാശ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചു പറഞ്ഞാശം അല്ലാതെ ആയി തീരത്തില്ല പറയുന്നില്ല ശാബ്ദം പ്രകാശം ശ്രുതി ബോധിപ്പിച്ചു എന്ന് വിചാരിച്ചൊരിക്കലും ബ്രഹ്മ സ്വയം പ്രകാശം അല്ലാതാകത്തില്ല സർവോപാധിരഹിതങ്കിൽ സ്വയം ജ്യോതിര സർവോപാധിരഹിതമാണ് സ്വയം ജ്യോതി എന്ന് പറയുന്നത് ഇനി അന്ധകരണവൃത്തിയിലൂടെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുമ്പോ സർവോപാധി രഹിതമായ ബ്രഹ്മത്തെയാണോ സാക്ഷാത്കരിക്കുന്നതല്ല എന്നും പറയും തസെയോ തതുപാധിന സ്വപര ഉപാധി വിരോധിനോ വിദ്യമാനത്വ പറയുന്നു എപ്പോഴാണോ വൃത്തി ബ്രഹ്മത്തെ സാക്ഷാത് ആ വൃത്തി നിലനിൽക്കുന്നത് അപ്പോ വൃത്തി തന്നെ ബ്രഹ്മത്തിന് ഉപാധിയാണ് അപ്പോ ഉപാധിയോട് കൂടിയ ബ്രഹ്മത്തെ തന്നെയാണ് വൃത്തി സാക്ഷാത്കരിക്കുന്നത് സ്വീകരിക്കണം സ്വപരോപാധിവിരോധിനിയാണ് ഈ വൃത്തി എന്ന് പറയുന്ന സ്വയം നശിക്കുന്നതാണ് അവിടുത്തെ അവിദ്യയും നശിപ്പിക്കുന്നതാണ് ഉപാധി വിരോധിയാണ് ഇനി ആവൃത്തിയിലാണെങ്കിലോ ചൈതന്യ ഛായയുണ്ട് ചൈതന്യ പ്രതിബിംബമുണ്ട് അത് അചേതനമാണ് പക്ഷെ ചൈതന്യ പ്രതിബിംബത്തോടുകൂടിയതാ ഇതുകൊണ്ട് അതുകൊണ്ട് എന്താണ് സ്വയം പ്രകാശമല്ല കേവലമായ അന്ധകരണത്തിന് ഇതിനെ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ സാക്ഷാത്കരിക്കാൻ കഴിയില്ല ചൈതന്യ പ്രതിബിംബത്തോടു കൂടിയത് ആണതിനെ സാക്ഷാത്കരിക്കുന്നത് ഇതെല്ലാം അവിടെ പറഞ്ഞാണ് പിന്നെ അവിടെ ഇത്രയാ പറയുന്നത് അങ്ങനെ അന്ധക്കർണവർത്തു ബ്രഹ്മസാക്ഷാത്കാര ജനീദേവി അസ്തിത്വുപാസനായ കർമ്മ അങ്ങനെ അന്ധകർണവൃത്തിയിലൂടെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുമ്പോൾ അവിടെ എന്താണോ അത് ഉപാസനയാണ് അതിന് കർമ്മത്തിന്റെ അപേക്ഷയില്ലേതാണ് അവള് കൂടുതലായി പറഞ്ഞത് സ്വഭാവ ഭാവേന ധ്യാനിക്കുമ്പോൾ കർമാനുഷ്ഠാനം വേണ്ട ഇതാണ് അവിടെ പറഞ്ഞത് ജ്ഞാനകർമ്മ സമുച്ചയത്തെ അങ്ങനെയാണ് ഭണിച്ചത് അപ്പൊ ബാക്കി ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു വൃത്തി അവിടെ ഉണ്ടാകുന്നു എന്നാണ് നശിക്കുന്നു എന്നും പറയുന്നുണ്ട് എന്നുവച്ച കർമ്മ അവിദ്യാത്മകം കഥം അവിദ്യ ഉച്ചനത്തി പറഞ്ഞു ആദ്യം എന്ന് പറഞ്ഞ അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ ദാമതികാരം പറയുന്നത് ഇവിടെ പറയുന്നു ബ്രഹ്മ സാക്ഷാത്കാരം ബ്രഹ്മസ്വരൂപമാണ് കാര്യമെന്താ എന്നൊരു അഭിപ്രായമാണ് പറയുന്നത് ഈ പറയുന്നതിന് വേറെ രീതിയിൽ ശരിയാണെന്ന് മനസ്സിലാക്കാം ഏതുപോലെ മൃത്തിൽ നിന്നുണ്ടാകുന്ന ഘടം മൃത്സ്വരൂപമാണ് എന്ന് പറയുന്നത് പോലെ ബ്രഹ്മഭിന്നമായെല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത് അപ്പൊ ബ്രഹ്മ സാക്ഷാത്കാരം ഇവിടെ അത് ബ്രഹ്മസ്വരൂപം തന്നെ അതൊരു യുക്തിയിലൂടെ പറയുന്നു എന്റെ യുക്തി പറയുകയാണ് മണ്ണിൽ നിന്നുണ്ടായ കുടം മണ്ണ് തന്നെ മണ്ണിൽ നിന്ന് ഉണ്ടായ ഗുണം മണ്ണ് തന്നെ ശരിയാണെന്ന് ആ പറയുന്നതിന്റെ ഒരു യുക്തിയുണ്ട് എന്താണ് യുക്തി എന്താണ് യുക്തി കുടത്തിൽ നിന്നും മണ്ണിനെ മാറ്റാൻ കഴിയില്ല കുടത്തിൽ നിന്ന് മണ്ണിനെ എടുത്ത് മാറ്റാൻ കഴിയില്ല അങ്ങനെ ഒരു യുക്തി പറയാം അപ്പൊ അതുകൊണ്ട് അതാണ് യുക്തി കൊണ്ട് ഒരു കാര്യം സമർത്ഥിക്കുന്നത് പഴയകാലത്ത് ഈ സമർത്ഥിക്കുന്ന ഇത്തരം യുക്തികളെ മണ്ണിൽ നിന്നുണ്ടായ ഉടൻ മണ്ണ് തന്നെ എന്ന് പറഞ്ഞാൽ കുടത്തിൽ നിന്നും മണ്ണിന്ന മാറ്റം നോക്കത്തില്ല അപ്പൊ യുക്തിയിലൂടെ അത് വന്നെന്ന് പറയുന്ന സമയത്ത് തന്നെ എന്താണ് മണ്ണിൽ നിന്നും ഭേദം കുടത്തിൽ ഉണ്ട് കാരണം കുടുണ്ടാകുന്നതിനും ഉണ്ടായിരുന്ന മണ്ണല്ല കുടമുണ്ടായതിനു ശേഷം ഇനി വ്യത്യാസങ്ങളൊക്കെ മണ്ണുകൊണ്ട് നടത്തുന്ന കാര്യങ്ങളല്ല കുടം കൊണ്ട് നടത്തുന്നത് കുടത്തിന് പാകം ചെയ്യാൻ പറ്റും മണ്ണ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഒരു യുക്തി അനുസരിച്ച് മണ്ണ് തന്നെ എന്ന് പറയുമ്പോ മറ്റ് പല മണ്ണിൽ നിന്നും വിശേഷതകൾ കുടത്തിനുണ്ടെന്നും പറയാം പ്രത്യേകതകൾ അതൊക്കെ യുക്തി പറയുന്നു അതുപോലെ യുക്തി അനുസരിച്ച് വേണമെങ്കിൽ പറയാം എന്താണ് ബ്രഹ്മത്തിൽ നിന്നുണ്ടായ എല്ലാം ബ്രഹ്മമാണ് അതുകൊണ്ട് ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണെന്ത് എല്ലാ വൃത്തിയും ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് ആ വൃത്തി എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ എന്ന് പറയുന്നത് അത് യുക്തി പറയുന്നേ ഉള്ളൂ എന്നുവെച്ചാൽ വസ്തുസ്ഥിതി അങ്ങനെയല്ല എന്തുകൊണ്ട് ബ്രഹ്മം ഉണ്ടാവുകയെ നശിക്കുകയും ചെയ്യുന്നുണ്ട് വൃത്തിയാണെങ്കിലോ ഉണ്ടായേ നശിക്കുകയും ചെയ്യും അപ്പം രണ്ടു അങ്ങനെ പറയാൻ പറ്റും ബ്രഹ്മം എന്ന് പറയുന്ന ഉണ്ടാകുന്നതും നശിക്കുന്നതും വൃത്തി ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നതാണ് രണ്ടുമൊന്നും എന്ന് പറയാൻ പറ്റും പക്ഷെ ഇവിടെ ഭാവതികാരാഗനം പറഞ്ഞു നേരം പറഞ്ഞാൽ നേരെ വിദഗ്ധമായിട്ട് പറഞ്ഞു സ്വാഭാവികമായ ബ്രഹ്മം വിഷയമാവും നിരുപാധികമായ ബ്രഹ്മം സ്വാഭാവികമായ വിഷയമാണു കുഴപ്പം ഇപ്പൊ ഞാനെന്ന് പറയുമ്പോ സ്വാഭാവികമായ ബ്രഹ്മം വിഷയമാകുകയാണ് അതിന് വൃത്തിയൊന്നും വേണമെന്നില്ല പക്ഷെ നിർബാധികമായ ബ്രഹ്മം വൃത്തി വിഷയമാകത്തില്ല നിർബാധികമായ ബ്രഹ്മം വൃത്തിക്ക് വിഷയമാകില്ല വിഷയമാകുന്നു പറയുന്ന ദോഷമൊന്നുമില്ല എങ്ങനെയുള്ളതെന്നുള്ള സ്വാഭാവികമാണോ നിർബാധികമാണോ അതാണ് അപ്പൊ ഇതിനൊക്കെ സമാനം പറയുന്ന എങ്ങനെ ആ അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനൊക്കെ സമാധാനം ഉണ്ട് സമാനം ഉണ്ടെന്ന് പറയുന്നു ഇല്ലാതെന്ന് പറയുന്നു എല്ലാ വ്യക്തികളുണ്ട് നേരത്തെ ഒരു വ്യക്തിയിലൂടെ പറഞ്ഞു വൃത്തിയാണ് അത് ഉണ്ടാകുന്നതാണ് അത് നശിക്കുന്നതാണ് ബ്രഹ്മസ്വരൂപല്ല വേറെ വ്യക്തിയിലൂടെ പറയുന്നു അത് ്രഹ്മസ്വരൂപമാണ് തരത്തിലൂടെ രണ്ട് യുക്തികളിലൂടെ ഇത് പറയാം അപ്പൊ ഇങ്ങനെ യുക്തികളിലൂടെ കാര്യം പറയുമ്പോ വരുന്നൊരു പ്രശ്നം എന്താണ് എന്താണ് മറ്റൊരു പ്രശ്നം എന്താണ് യുക്തിയിലൂടെ ഇത്തരം തർക്കത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് വസ്തുക്കളുടെ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടത്തില്ല തർക്കത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വരുന്ന ഒരു പ്രശ്നം യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടത്തില്ല അതാണ് ഞാനിപ്പോ ഈ കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയാം ഇരിക്കുന്നില്ലെന്നും പറയാം െന്ന് പറ എന്തുകൊണ്ട് കസേരി ഇരിക്കുന്നു ഇരിക്കുന്നില്ല എന്തുകൊണ്ട് പറയുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കസേരി ഇരിക്കുന്നില്ല എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഈ കസേര എന്ന് പറയുന്നത് ഇവിടെ മാറി ഇതുവരെ ഉണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഇല്ലേ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നുണ്ടോ ഇത് കസേര ഇല്ലേ അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല ഞാൻ ഇപ്പൊ ഈ ഭാഗത്ത് ഇരിക്കുന്നോണ്ട് ഇരിക്കുന്നുന്ന് പറയണെങ്കി ഈ ഭാഗത്ത് ഇരിക്കാത്തോണ്ട് ഇരിക്കുന്നില്ലെന്ന് പറയാം അപ്പൊ ഇത് വസ്തുസ്ഥിതിയായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ ഏ പറയുന്നതിനും വസ്തുവിന്റെ യാഥാർഥ്യമായിട്ട് ബന്ധം ഞാൻ ഇരിക്കുന്നോ ഇരിക്കുന്നില്ലേ ഞാൻ ഇരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത പക്ഷെ തർക്കത്തിലൂടെ എനിക്ക് പറയാൻ എന്താണ് ഇത്രയും ഭാഗത്ത് ഇരിക്കാത്തത് കൊണ്ട് ഞാൻ ഇരിക്കുന്നില്ല ഇത്രയും ഭാഗത്ത് ഇരിക്കുന്നോണ്ട് ഇരിക്കുന്നു പറയാം തർക്കത്തിലൂടെ ഇരിക്കുന്നൊന്നും ഇരിക്കുന്നില്ലെന്നും പറയാം പക്ഷെ വസ്തുസ്ഥിതി എന്താണ് ഞാൻ ഇവിടെ ഇരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഈ തർക്കത്തിലൂടെ കാര്യങ്ങൾ പറയുമ്പോ ബ്രഹ്മസ്വരൂപമെന്നും പറയാം ബ്രഹ്മസ്വരൂപം അല്ലെന്നും പറയാം വൃത്തി ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നു ബ്രഹ്മത്തിൽ നിന്നുണ്ടായ എല്ലാം തന്നെ മൃത്തിൽ നിന്നുണ്ടായ ഇടം പോലെ ബ്രഹ്മസ്വരൂപമാണ് ഇനി അത് ബ്രഹ്മസ്വരൂപം അല്ലെന്നെന്തുകൊണ്ട് പറയുന്നു വൃത്തി ബ്രഹ്മസ്വരൂപം അല്ലാന്നെന്തുകൊണ്ട് പറയുന്നു ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നതാണ് ബ്രഹ്മം നിത്യമാണ് ഇപ്പൊ ഉണ്ടായി നശിക്കുകയും ചെയ്യുന്ന ആ വൃത്തി എങ്ങനെ വരുമോ എന്നാ വരുമോ എന്ന് നശിക്കട്ടെ അങ്ങനെ ഒരു യുക്തിയെന്ന് രണ്ടും പറയാം പക്ഷെ ഇവിടെ പറയുന്നൊരു പ്രധാനമായ കാര്യം എന്താണ് നേരത്തെ പറഞ്ഞതിന് വിരോധം പറയുന്നുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ജന്യമാണ് വൃത്തി സ്വരൂപമാണ് അല്ലാന്ന് ഇവിടെ പറഞ്ഞെന്താണ് നിത്യമാണ് നിത്യത്വാലോ അതുകൊണ്ട് ബ്രഹ്മസാക്ഷാത് സ്വരൂപമാണ് അവിടെ പുരുഷനെ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ലാത്കാരത്തിൽ പുരുഷനെ നിയോഗിക്ക പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല ഇനി രണ്ടാമത് നാപ്യുപാസനായ തസ്യാബി ജ്ഞാനപ്രകർഷെ ഹേതുഭാവസ്യ അന്യം വ്യതിരേഖയാ പ്രാപ്തത്വ ഉപാസന ഉപാസന എന്ന് പറയുന്നത് ജ്ഞാനവൃദ്ധിക്ക് കാരണമാണ് എങ്ങനെ ഈ പുസ്തകം തന്നെ ഞാൻ ഒരുപോണ പഠിച്ചു രണ്ടു ഗുണ പഠിച്ചു മൂന്നോണ പഠിച്ചു നാലു ഗുണ പഠിച്ചു പഠിച്ചു പഠിച്ചു പഠിച്ചു വന്നപ്പോ എന്ത് ചെയ്യുന്നു എന്റെ ജ്ഞാനം വർദ്ധിച്ചു വർധിച്ചുവരും ഇപ്പൊ അഭ്യാസം ഒരു കാര്യം അഭ്യസിച്ചു കഴിഞ്ഞാൽ അവിടെ ജ്ഞാനം വർധിക്കുന്നു എന്ന് പറയുന്നത് വിധിക്കേണ്ട കാര്യമില്ല അന്യവെതിരെയുക്തിയിലൂടെ മനസ്സിലാക്കാം അങ്ങനെ അന്യവേദിര യുക്തിയിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യത്തെ വേദം വിധിക്കേണ്ട കാര്യമില്ല വേദം വിധിക്കുന്ന അപൂർവമായ കാര്യങ്ങളെയാണ് ഏതുപോലെ അപൂർവം െയ്താ സ്വർഗം കിട്ടും അത് യുക്തിയിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങള് വേദം പിരിക്കേണ്ട കാര്യമില്ല യാഗം ചെയ്താൽ സ്വർഗം കിട്ടും എന്താ യുക്തി ഒരു യുക്തി അവിടെ പക്ഷെ അഭ്യാസം കൊണ്ട് ജ്ഞാനം വർദ്ധിക്കുമെന്നുള്ള കാര്യം ലോകത്തിൽ അനുഭവത്തിൽ മനസ്സിലാകും എല്ലാവരും പഠിക്കുന്നവർക്കെല്ലാം ചെയ്യും അവരാവർത്തിച്ചാവർത്തിച്ച് പഠിക്കുമ്പോൾ വേദാധ്യനം ചെയ്യുന്നവർക്കും മറ്റും അവർക്ക് ജ്ഞാനം ൂടുന്നു അപ്പൊ അത് ഉപാസന അതിനും വേദം വിധിക്കേണ്ട കാര്യം ഇല്ല ബ്രഹ്മസാക്ഷ ഉപാസനയിലും പുരുഷനെ പ്രവർത്തിപ്പിക്കേണ്ട കാര്യമില്ല വേദത്തിൽ അത് പുരുഷന് അവന്റെ യുക്തി കൊണ്ട് മനസ്സിലായിക്കോളും മനസ്സിലായോ ഇത് സിദ്ധാന്തി പറയുന്നത് തന്നെ ഉപാസനയിൽ പുരുഷനെ പ്രവർത്തിപ്പിക്കേണ്ട കാര്യമില്ലാതെ അവന് യുക്തി കൊണ്ട് മനസ്സിലാക്കും യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളിലാണ് വേദം പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ട് പറയുന്നത് നാപ്യുപാസനായ ബ്രഹ്മ ഉപാസനയിലും പുരുഷനെ പ്രവർത്തിപ്പിക്കേണ്ട കാര്യം ഇല്ല തസ്യഅി ആ ഉപാസന എന്ന് പറയുന്നത് ജ്ഞാനപ്രകർഷെ ഹേതുഭാവസ് ജ്ഞാനം അതിലുണ്ട് എന്നുള്ള കാര്യം അന്യവ്യതിരേകസിദ്ധത അന്യവ്യതിയത്തിലൂടെ മനസ്സിലാക്കുന്നു വ്യക്തിയിലൂടെ മനസ്സിലാക്കും എത്രയെത്ര അഭ്യാസം പ്രകർഷം എത്രയെത്ര അഭ്യാസ അഭാവ അത്ര ജ്ഞാനപ്രകർഷ അഭാവം അതാണ് അന്യവ്യതിരേ വ്യക്തി എവിടെ എവിടെയെല്ലാം ജ്ഞാനപ്രകർഷമുണ്ടോ അവിടെ എവിടെയോടെ അഭ്യാസമുണ്ടോ അവിടെയോടെ എല്ലാം ജ്ഞാനപ്രകർഷണം ഉണ്ടോ എവിടെയോടെ അഭ്യാസം ഇല്ലേ അവിടെയോടെ ജ്ഞാനപ്രകർഷവും എവിടെ ജ്ഞാനപ്രകർഷമില്ലേ അവിടെ അഭ്യാസം ഇല്ല അങ്ങനെയും പറയും അപ്പൊ ഇങ്ങനെ യുദ്ധത്തിലൂടെ മനസ്സിലാക്കാം എന്നുള്ള ഒരു കാര്യത്തെയും വേദം ബോധിപ്പിക്കുന്നില്ല അജ്ഞാതാർത്ഥ ജ്ഞാപകോ വേദഭാഗമോ വിധി അജ്ഞാതമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന വേദഭാഗത്തേന്ന് പറയുന്നത് വിധിയെന്ന് പറയുന്നു നിയോഗിക്കേണ്ട കാര്യം ഉപാസനായ ജ്ഞാനപ്രകർഷേ ഹേതുഭാവസ്യ ഉപാസന ജ്ഞാനപ്രകർഷത്തിന് ജ്ഞാനാധിക്യത്തിന് ഹേതു എന്നുള്ള കാര്യം അന്യവേദരേഖ സിദ്ധതയാ അന്യവേദരേഖത്തിലൂടെ സിദ്ധമാണ് സിദ്ധതയാ പ്രാപ്തത്വന് അവിധേയത്വ ശാബ്ദബോധ ശാബ്ദബോധത്തിൽ പുരുഷനെ നിയോഗിക്കണം ശാബ്ദബോധം ഉണ്ടാകുന്നതിന് പുരുഷനെ അതിന് പുരുഷനെ പ്രവർത്തിപ്പിക്കണം വേണ്ട എന്തുകൊണ്ട് തസ്യഅത വേദസ പുരുഷ പദ ത സമധിക ശാബ്ദന്യായ തത്വ അപ്രത്യൂഹം ഉത്പത്തെഹേ ഇതും ഒരു പ്രധാന കാര്യം സത്യജ്ഞാനം ബ്രഹ്മം സത്യജ്ഞാനന്ദ്രം തുടങ്ങിയ ശാ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദബോധത്തിലും പുരുഷനെ പ്രവർത്തിപ്പിക്കേണ്ട കാര്യമുണ്ട് എന്തുകൊണ്ട് സ്വയം ഉണ്ടാകും ആർക്കുണ്ടാകും തസ്യഅ അധീത വേദസ്യ വേദാധ്യയനം ചെയ്ത പുരുഷന് വേദാധ്യയനം ചെയ്ത പുരുഷന് സത്യജ്ഞാനാനന്ദ കേൾക്കുമ്പോൾ ബോധം ഉണ്ടാകും അതിന് അവനെ പ്രവർത്തിപ്പിക്കേണ്ട കാര്യമില്ല ആ പുരുഷ എങ്ങനെയുള്ള ആയിരിക്കണം വിദുത പദ തർത്ഥസ്യ ഓരോ പദത്തെയും അതിന്റെ അർത്ഥത്തെയും തിരിച്ചറിയുന്നവനായിരിക്കണം സത്യത്തിന്റെ അർത്ഥം അറിയണം ജ്ഞാനത്തിന്റെ അർത്ഥം അറിയണം അനന്തത്തിന്റെ അർത്ഥം അറിയണം അങ്ങനെയുള്ളവന് സത്യം ജ്ഞാനം അനന്തം എന്ന് കേട്ട ബോധമുണ്ടോ അതാണ് പറയുന്നത് എന്തോന്ന് വിദുത പദ പദത്തിന്റെ അർത്ഥത്തെയും അറിഞ്ഞവന് പിന്നെ സമധികത ശാബ്ദന്യായ തത്വസ്യ ശാബ്ദന്യായ തത്വങ്ങളൊക്കെ അറിഞ്ഞവൻ ശാബ്ദന്യായത്തിന്റെ തത്വങ്ങൾ എന്താണ് ആകാംക്ഷ സന്നിധി യോഗ്യത ഇതിനെ കുറിച്ചൊക്കെ ബോധം ഉണ്ടാവണം ബാക്കിയങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ബോധമുണ്ടാകുന്നത് പരസ്പര ആകാംക്ഷ ഉണ്ടോ സന്നിധിയുണ്ടോ യോഗ്യതയുണ്ടോ ഇത്തരം തത്വങ്ങളൊക്കെ അറിയുന്നവന് വാക്യം കേട്ട ബോധ്യം ഉണ്ടാവും ശാബ്ദബോധം ഉണ്ടാവും അവന അവിടെ പ്രവർത്തിപ്പിക്കേണ്ട കാര്യമില്ല അതാണ് സമതിഗത സമയക്കായി അറിഞ്ഞ ശബ്ദന്യായ തത്വം സമതിഗതം ശബ്ദന്യായ തത്വം യെസ് ആർക്കാണോ ശബ്ദന്യായ തത്വങ്ങളെ കുറിച്ചൊക്കെ ശരിക്കും ബോധമുള്ളവന് പിന്നെ അങ്ങനെയുള്ളവന് അപ്രത്യൂഹ ഒരു തടസ്സവും കൂടാതെ ശബ്ദബോധമുണ്ടാകുന്നു അപ്പോ ശബ്ദബോധം ഉണ്ടാകുന്നതിനും ഒരാളെ വേദം പ്രവർത്തിപ്പിക്കേണ്ട കാര്യമില്ല ഉപാസനയില് പ്രവർത്തിപ്പിക്കേണ്ട കാര്യമില്ല അത് അന്യവേരത്തിലൂടെ അറിയാൻ പറ്റും പിന്നെ സാക്ഷാത്കാരത്തിൽ പ്രവർത്തിപ്പിക്കേണ്ട കാര്യമില്ല അത് ജന്യമാകുന്നതല്ല ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ് സ്വരൂപമാണ് അതുകൊണ്ട് എന്താണ് ഇതൊരു വലിയ വിഷയമാണ് ബ്രഹ്മജ്ഞാനത്തിന് ആരെയും പ്രവർത്തിപ്പിക്കേണ്ട കാര്യം വേദത്തിനില്ല അത് ഏതൊക്കെയാണെങ്കിലും ഇനി അപരോക്ഷജ്ഞാനമായാലും ശരി സാക്ഷാത്കാരമായാലും ഇനി ശാബ്ദജ്ഞാനമായാലും ശരി ഇനി ഉപാസനായാലും ശരി വേദനായാലും ഭാവധികാരം പറയുന്നു